ओम नमः शिवाय श्री श्री श्री राम श्री गुरु श्रीतनापनि स्वामी सिद्धसुखय नन्दविवाहेश्वरी सुधा देवो नमः हरि सुदा सीसु മനോ മേ ആവിധി വേദസീസ് ൃദം മേ മാ അനേന അഹോരാത്രം സത്യം വരിഷ്യമി മാം അവദ മനസി പ്രതിഷിത <tale> <puck Keyboard> മനസിപ്രതിഷ്ഠിത മനസ്സിൽ ഉറക്കട്ടെ ഇവരെ തിരിച്ച് മേ മനഹ എന്റെ മനസ്സ് വാരിപ്രതിഷ്ഠിതം വാക്കിൽ ഉറക്കട്ടെ ഇത് സ്വാധ്യായത്തിൽ വേദാധ്യയനം ചെയ്യുമ്പോൾ വേദമന്ത്രങ്ങൾ അർത്ഥബോധത്തോടുകൂടിയല്ല അത് ഒരു ചൊല്ലിക്കൊടുക്കുന്നു കേൾക്കുന്നു അറി ചൊല്ലുന്നു അർത്ഥചിന്തയില്ല അത് കഴിഞ്ഞു പിന്നീട് വിചാരം അത് കഴിഞ്ഞിട്ടാണ് വിമാൻസം അപ്പൊ ഷഡംഗങ്ങളോടുകൂടി വേദാധ്യയനം ചെയ്യുന്നു അംഗങ്ങളുടെ അധ്യയനം കൂടാതെ വേദവിചാര സാധ്യവാണ് വേദാധ്യയനം ചെയ്ത് സംചാരിച്ച് വേദവിചാരം സാധ്യതയാണ് അപ്പം അതിനോട് ചേർന്ന് വരുന്നു ശിക്ഷാകൽപ്പം മേഘന്നം ഛന്ദസ് ജ്യോതിഷം ഇതുകൂടി അധ്യയനം ചെയ്താൽ വേദവിചാര സാധിക്കുക അതിന്റെ അർത്ഥം മനസ്സിലാവും അതിന്റെ പ്രയോഗങ്ങൾ മനസ്സിലാവും അതുകഴിഞ്ഞ് പിന്നീടാണ് സ്വാധ്യായം എന്ന് പറയുന്നത് സ്വസ്വശാഖാദ്ധ്യായൻ അവരവരെന്താണോ പഠിച്ചത് അവരവരുടെ ഗുരുകുലത്തിൽ നിന്നും അതിന്റെ അധ്യായം സ്വാധ്യായ ദിനംപ്രതി അത് ചൊല്ലുക അപ്പൊ ഇവിടെ അങ്ങനെ ചൊല്ലുമ്പോ അർത്ഥബോധത്തോടു കൂടി ചൊല്ലുന്നു വാങ്മയ മനസ്സിൽ പ്രതിഷ്ഠിതാ വേദത്തെ വാക്കിലാണ് ഉറപ്പിക്കുന്നത് വാഗേന്ദ്രിയ പരിശീലനമാണ് വാക്ക് ചൊല്ലി ശീലിക്കുന്നതാണ് ശബ്ദം വാഗേന്ദ്രിയത്തെ ആശ്രയിച്ചു വരുന്നതുകൊണ്ട് അത് യാന്ത്രികമായി ചൊല്ല പിടിക്കുന്നു യാന്ത്രികമായി ചൊല്ലുന്നു പക്ഷെ ഷടങ്ങങ്ങളോടുകൂടി വേദാധ്യയനം ചെയ്ത് വേദത്തെക്കുറിച്ച് വിചാരം ചെയ്യുമ്പോൾ പിന്നെ അവരേത് തരത്തിലാണോ വിചാരം ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ താല്പര്യം എന്താണോ അതനുസരിച്ചിട്ട് അവരുടെ കർമ്മത്തിലോ അല്ലെങ്കിൽ ഉപാസനയിലോ അല്ലെങ്കിൽ തത്വജ്ഞാനത്തിലോ ഏതിനാണോ അഭിരുചി ഉണ്ടാകുന്നത് അതനുസരിച്ച് അവിടെ ദൃഢമാകും അതിനനുസരിച്ചുള്ള പ്രവൃത്തി വരും എന്തായാലും ആ വിചാരം വരുമ്പോ അതാണ് അർത്ഥബോധം ഉണ്ടാകുന്നത് വേദം അധ്യയനത്തിന് സ്വാധ്യായത്തിന് മുഖ്യമായി അവലംബിക്കുന്ന വാഗ് ഇന്ദ്രിയത്തെ വാക്കുകൊണ്ടല്ലേ ചെല്ലും വാഗിന്ദ്രിയോണോ വാക്കെന്ന കൂടെ പറയുന്നു അർത്ഥബോധമോ മനസ്സിൽ രണ്ടും കൂടെ ചേരുമ്പോ എന്താവും വാക്ക് മനസ്സിൽ പ്രതിഷ്ഠിതം ഉറയ്ക്കണം മനസ്സ് വാക്കിൽ പ്രതി എന്ന് പറയുമ്പോൾ താൽപര്യം അർത്ഥബോധത്തോടുകൂടി വേണം സ്വാധ്യായം നടക്കാൻ എന്ന് പ്രാർത്ഥിക്കാണ് മനസാന്നിധ്യത്തോടുകൂടി ചൊല്ലണം എന്തുകൊണ്ടങ്ങനെ പറയുന്ന അങ്ങനെ സാധാരണ സംഭവിക്കാറില്ല നമ്മൾ സാധാരണ മന്ത്രങ്ങളും മറ്റും ചൊല്ലുമ്പോൾ ലളിതാസഹസരങ്ങളൊക്കെ ചൊല്ലുമ്പോൾ നമ്മുടെ വാഗേന്ദ്രയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും സാധാരണ മന്ത്രം അത് നിരന്തരം ചൊല്ലുകയാണെങ്കിൽ സംശയിക്കാനുള്ള എന്നും ചൊല്ലുകയാണെങ്കിൽ മനസ്സ് അതുമായിട്ടെങ്കിൽ ശീലമാകും മനസ്സ് അപ്പോ ബാക്കിയുള്ള സമയത്ത് സ്വസ്ഥമായിരിക്കുന്ന മനസ്സ് ആ സമയം മുമ്പ് ഓടാൻ തുടങ്ങും അങ്ങനൊരു പരിശീലനമായി മനസ്സ് അപ്പോൾ ഈ മന്ത്രങ്ങൾ നിരന്തരം ചൊല്ലുമ്പോൾ മനസ്സിന് ഓടി നടക്കാൻ പറ്റിയൊരു ഒരു സൗകര്യമുള്ള ഒരു സ്ഥലമായിട്ടാണ് മനസ്സതിനെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെയും പറയുന്നത് വേദാധ്യയനം സ്ഥിരമാവുമോ അത് യാന്ത്രികമാവുമോ വിചാരം ചെയ്ത മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും മനസ്സ് എവിടെയെങ്കിലും എന്നുവെച്ചാൽ അർത്ഥത്തിൽ നിൽക്കത്തില്ല വാക്കിൽ ശബ്ദവും മനസ്സിലർത്ഥവും വേണം എന്നതിന്റെ പൊരുത്തം എന്തുകൊണ്ട് അങ്ങനെ വേണമെന്ന് പറയുന്നു കാരണം സ്വാധ്യായെന്ന് പറയുന്നൊരു ഉപാസനയാണ് സ്വാധ്യായം ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള അത് ഉപാസനയാണ് ആ ഉപാസന പൂർത്തിയാകുന്നത് ശബ്ദം കൊണ്ട് മാത്രം പൂർത്തിയാകട്ടെ ശബ്ദം കൊണ്ട് മാത്രമാണെങ്കിലോ അതിന് പ്രയോജനം ഉണ്ടാകും േദമന്ത്രം ചെല്ലുന്നതിന്റെ പ്രയോജനം ഉണ്ടാകും നമ്മൾ സഹസ്രനാമം ജവിക്കുന്നതിന് പ്രയോജനം ഉണ്ടാവും മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചാലും ശബ്ദത്തിനൊരു വിശേഷത ശക്തിയുണ്ട് അതുകൊണ്ടതിന് പ്രയോജനം ഉണ്ടാവും പക്ഷെ അതൊരു ഉപാസന ഉപാസനാകണമെങ്കിൽ ഉപാസന പൂർണമായ ഉപാസന എന്താണോ അവിടെ കൃഷി ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഉപാസന ആകണമെങ്കിൽ അർത്ഥബോധം അർത്ഥബോധത്തോടു കൂടി ശബ്ദവും അർത്ഥവും ഒരുമിച്ചിരിക്കുന്നു ശബ്ദം പറയുമ്പോൾ മേ മനസ്സി പ്രതിഷ്ഠിത മേ മനസ്സി വാക് പ്രതിഷ്ഠിത എന്റെ മനസ്സിൽ വാക്ക് പ്രതിഷ്ഠിതമാകട്ടെ എന്നുള്ളതെന്നെ ആയിരിക്കണം അപ്പം മനസ്സിലാ ശബ്ദത്തോടൊപ്പം മനസ്സ് അർത്ഥത്തെ അനുസന്ധാനം ചെയ്യണം മനസ്സിൽ ശബ്ദം പോയിക്കൊണ്ടിരിക്കും അർത്ഥം അവിടെ പോയി സാറിന് എങ്ങനെ സംഭവിച്ചു കാരണം ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത് സ്വാധ്യായവും അധ്യേതവ്യാ യാവും അഗ്നി ഹോത്തു ഹൂർ എന്ന് പറയുന്നത് പോലെ ഇത് മരണം വരെ ചെയ്യാനാ വിധിച്ചിരിക്കുന്നു വൈദികനോട് മരണം വരെ അവന ചെയ്യണം സ്വാധ്യായം ഇതിങ്ങനെ യാന്ത്രികമാകുമ്പോൾ അർത്ഥം ഇട്ടു പോവും അർത്ഥം അറിയാതെ വേദം ചൊല്ലുന്നവൻ കഴുതയാണോ യാസ്കൻ പറഞ്ഞതു കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു അതുകൊണ്ടവിടെ വേദമന്ത്രം തന്നെ പറയുന്നു ഇതിന് ശാന്തി മന്ത്രം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ ഇത്തരം മന്ത്രങ്ങളല്ല അത് ശാന്തിയെ കൊടുക്കുന്നു എവിടെ അശാന്തി വേണ്ടും മനസ്സിൽ മനസ്സെങ്ങനെയോ മനസ്സ് എവിടെയെങ്കിലും ഓടി നടന്നാൽ ശാന്തിയില്ല മനസ്സിനത് ഇഷ്ടമായിരിക്കും പക്ഷെ അത് ശാന്തമാണ് വിക്ഷിപ്തമാണ് ശാന്തമാകുന്ന ഇപ്പോൾ മനസ്സാർത്ഥത്തെ തന്നെ പിന്തുടർന്നാൽ അത് ശബ്ദത്തോടൊപ്പം അപ്പം മനസ്സ് ശാന്തമാവും അത് ചൊല്ലുന്ന സമയത്ത് തന്നെ ശാന്തി വേണം നമ്മൾ ശാന്തിക്ക് വേണ്ടി ചൊല്ലുന്നു അതായത് ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ ശാന്തി വരുന്നു പ്രതീക്ഷിക്കുന്നു മന്ത്രം ചൊല്ലിയാൽ മന്ത്രം ചൊല്ലി നിറത്തി കഴിഞ്ഞാൽ പിന്നെ ശാന്തി വരണം അങ്ങനെ മന്ത്രം ചൊല്ലുമ്പോൾ തന്നെ മനസ്സ് ശാന്തമാകണം അത് ഈ മന്ത്രത്തെ ഉദ്ദേശിച്ചല്ല എന്ന് വരുന്ന എല്ലാ മന്ത്രങ്ങളും കാരണം അന്നത്തെ കാലത്ത് ഇത് എഴുതി വായിച്ച് പഠിച്ച് ചിന്തിക്കുന്ന രീതിയൊന്നുമില്ല കേവലം ശബ്ദത്തെ വാക്കുകൾ വാഗിന്ദ്രിയന്ന് പുറത്തെടുക്കുക അവിടെ മനസ്സതിനോട് ചേരുക ഇതാണ് അഭ്യാസം പ്രസവം എടുത്ത് തുറന്നു നോക്കി ചിന്തിക്കാൻ പറ്റത്തില്ല ശ്രവണം തന്നെ എന്താണ് ഗുരുമുഖത്ത് നിന്ന് ഇത് കേൾക്കുന്ന പിന്നെ അടുത്ത് അതിന്റെ അർത്ഥം കേൾക്കുന്ന അവിടെ ഈ എഴുതിപ്പടിക്കുന്ന രീതിയില്ല അതുകൊണ്ട് എപ്പോഴാണോ ഇത് ചൊല്ലുന്നത് സ്വാധ്യായ സമയത്ത് വാക്ക് മനസ്സിൽ പ്രതിഷ്ഠിതമായിരിക്കണം തുടർന്ന് നിന്ന് പോകണം അപ്പോൾ ഒരു മന്ത്രത്തിൽ നിന്ന് വേറൊരു മന്ത്രത്തിലേക്ക് ശബ്ദവും മനസ്സും ഒത്തുപോകണം മനോമേ വാചിപ്രതിഷ്ഠിതം പരസ്പരാപേക്ഷണം മനസ് വാക്കിൽ പ്രതിഷ്ഠിതമാകണം അങ്ങനെന്താ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഏകാഗ്രത ഉണ്ടാക്കി ഏകാഗ്രതേന എന്റെ ഫലം ഉപാസനയുടെ ഫലമായി പറയുന്നത് മുഖ്യഫലം പറയുന്നത് ഏകാഗ്രത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഈ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നു ഒരു വാക്ക് കേട്ടു ഒരു വാക്ക് കേട്ടുകഴിഞ്ഞാൽ ആ വാക്ക് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുള്ളതോ കണ്ടതോ ആയി ബന്ധപ്പെട്ടും മനസ്സാകുന്ന പറഞ്ഞു ഏകസംബന്ധി ജ്ഞാനം അപരസംബന്ധി സ്മാരകം ഒരു നിയമം പറയും ഒരു ഭാഗം ആനക്കാരനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആനയുടെ ഓർമ്മ വരും മനസ്സിന്റെ ഒരു സ്വഭാവമാണ് ഉടനെ ആനക്കാരനെ കണ്ടുള്ളൂ പെട്ടന്ന് നമ്മുടെ മനസ്സിലോർമ്മ ഒരു ആനയാണ് ആനക്കാരനെന്താ ആനയുണ്ട് രണ്ടും രണ്ടുമാണ് പക്ഷെ മനസ്സങ്ങോട്ട് അതുപോലെയാണ് തത്വശ്രവണത്തിൽ സംഭവിക്കുന്നത് ഏതെങ്കിലും ശബ്ദങ്ങളുടെ അർത്ഥം ധരിക്കുമ്പോൾ ആ അർത്ഥത്തെ പിന്തുടർന്ന് മനസ്സ് പോകും തുടർന്ന് വരുന്ന അർത്ഥത്തെ ഗ്രഹിക്കാൻ പറ്റാത്ത അതിനൊന്നും ഏകാഗ്രത ഇല്ലായ്മ എന്ന് പറയുന്നു അതുകൊണ്ട് മനസ്സുവാക്കിനെയും പിന്തുടർന്നു മനസ്സു വാക്കിനെ പിന്തുടരാതിരിക്കുന്ന എങ്ങനെ ഒരു വാക്ക് കേട്ടു അതിന്റെ അർത്ഥം ധരിച്ചു പിന്നെ തുടർന്നു വരുന്ന വാക്കിന് മനസ്സ് പിന്തുടരുന്നില്ല പിന്നെ മനസ്സിന് ഇഷ്ടമുള്ള വഴിക്ക് പോവുകയാണ് വക്താവ് പറയുന്ന ആള് അയാൾ പ്രസംഗം നടത്തിക്കൊണ്ടേയിരിക്കും വാസ്തവത്തിന് എന്തുവേണം ആ മനസ്സ് ഈ ഓരോ വാക്കിനെയും പിന്തുടരണം തുടർന്നുവരണം നമ്മുടെ അനുഭവത്തിലറിയാൻ അത് സംഭവിക്കാറില്ല ഇങ്ങനെ പോവും അത് കേൾക്കുന്ന സമയത്ത് പറയുമ്പോൾ അങ്ങനെയല്ല പറയുന്ന സമയത്ത് എന്താണോ പറയുന്ന സമയത്ത് ആശയത്തെ പ്രകാശിപ്പിക്കണം കേൾക്കുന്ന സമയത്ത് ആശയത്തെ ഗ്രഹിക്കണം ആശയത്തെ പ്രകാശിപ്പിക്കുകയെന്ന് പറയുമ്പോൾ അവിടെ മനസ്സിന് ആയാസം കൂടുതലാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മനസ്സിൽ യത്നം പ്രയത്നം കൂടുതലാവുക അപ്പം മനസ്സിൽ ഏകാഗ്രത കൂടുതലായി വേണ്ടിവരും അപ്പോൾ പറയുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമുക്കാലും അയാളുടെ ശബ്ദവും അർത്ഥവും തമ്മിലുള്ള ബന്ധം അത് കിടത്തില്ല വാഗം അർത്ഥവും സംതൃപ്തമാണെന്ന് പറയും അല്ലെങ്കിൽ ഒരിക്കലും വേറെ വിരിയാൻ കഴിയാത്തതാണെന്ന് അത് ശരിയാണ് വാക്കിന്റെ അർത്ഥത്തെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ മനസ്സങ്ങനെ മനസ്സ് അർത്ഥം വിട്ട് വാക്കിലേക്കും പോവും വാക്കുവിട്ട് അർത്ഥത്തിലേക്കും പോകും എവിടെയെങ്കിലും പോകും അതുകൊണ്ടൊരു വാക്ക് കേട്ടുകഴിഞ്ഞാൽ അടുത്ത് വാക്കിലായിരിക്കണം മനസ്സ് എന്നടുത്ത് വരുന്ന വാക്കിലായിരിക്കണം മനസ്സ് അങ്ങനെ വാക്കിനെ പിന്തുടർന്ന് മനസ്സുകൊണ്ട് തന്നെ മനോമേ വാജിപ്രതിഷ്ഠിതം മനസ്സ് എന്റെ മനസ്സ് വാക്കിൽ പ്രതിഷ്ഠിതമാകട്ടെ പറയുന്നത് ശ്രോതാവും വക്താവിനത് ബുദ്ധിമുട്ടില്ല നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ ഏകാഗ്രമാവും ആ വാക്കും മനസ്സും ബന്ധം വിടത്തില്ല എന്നാൽ ആകെ ആശയത്തെ പ്രകാശിപ്പിക്കാൻ പറ്റും അപൂർവം സമയങ്ങളിൽ മനസ്സ് വാക്കുമായിട്ടുള്ള ബന്ധം വിട്ടുപോകാം അത് മനസ്സിന്റെ വിക്ഷേപം കൊണ്ടല്ല മനസ്സിൻ്റെ ഏകാഗ്രത കൊണ്ട് സംഭവിക്കാം കൂടുതൽ ഏകാഗ്രത കൊണ്ട് ചിലപ്പോൾ ഒരു ചെറിയ ഒരു വാക്ക് ഒരു ശബ്ദം വലിയ അതിവിപുലമായ ഗഹനമായ ആശയത്തെ പ്രകാശിപ്പിക്കുകയാണെങ്കിൽ മനസ്സ് വാഗിനെ വിട്ടിട്ട് ആശയത്തിൻ്റെ ആഴത്തിലേക്ക് അങ്ങനെ പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വാക്കിനെ വിട്ടും മനസ്സ് സഞ്ചരിക്കും അവിടെ രണ്ടും നിമുള്ള ബന്ധം ചിലപ്പോൾ നഷ്ടപ്പെട്ട് അപൂർവ്വമായി സംഭവിക്കാം പക്ഷെ വക്താവിനെ സംബന്ധിച്ചിടത്തോളം ശ്രോതാവിനെ ഇത് ബോധിപ്പിക്കണം എന്നുള്ള താല്പര്യമുള്ളതുണ്ട് മനസ്സേകാഗ്രമായി വാക്കും മനസ്സും തമ്മിലുള്ള ബന്ധത്തെ നിലനിർത്തി ഇതിങ്ങനെ ആശയത്തിന്റെ പ്രകാശനം സംഭവിച്ചുകൊണ്ടേയിരിക്കും ശ്രോതാവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല ശ്രോതാവിനെ സംബന്ധിച്ച് അവിടെ ഗ്രഹണം പ്രകാശനത്തിന് വേണ്ട യത്നം ഗ്രഹണത്തിനാവശ്യം അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഇത് ചിലപ്പോൾ വാക്കിനെയും മനസ്സിനെയും എല്ലാം വിട്ട് സുഷൃപ്തിയിലേക്ക് യത്നം ആവശ്യമില്ലാതെ വരും മനസ്സിനേണ്ട ഉണർവ് ആവശ്യമില്ലാതെ വരും അത് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് ശ്രോതാവ് പ്രാർത്ഥിക്കുകയാണ് വാക്ക് മനസ്സിൽ ഉറയ്ക്കണം മനസ്സ് വാക്കൽ വറക്കണം എന്നുവെച്ചാൽ ഈ ശ്രവണ സമയത്ത് സ്വാധ്യായ സമയത്ത് എല്ലാം അർത്ഥാനുസന്ധാനം സംഭവിക്കണം എന്നാലെ അത് ഉപാസനാകാകത്തുള്ളൂ എന്നാണ് അതുകൊണ്ട് പ്രയോജനം ഇവിടെ ശാന്തിമന്ത്രം ഉപനിഷത്തിന്റെ സന്ദർഭത്തിലാണ് മനുഷ്യത്തിന്റെ പ്രതിപാദ്യം എന്താണ് ആത്മതത്വം എന്നുള്ള പറയുന്ന ആവിഹി ആവിഹി എന്ന് വെച്ചാൽ വെളിച്ചം എന്നാണ് എന്റെ അർത്ഥം ഇവിടെ എന്ത് വെളിച്ചമാണോ സ്വയം പ്രകാശിക്കുന്ന വെളിച്ചം തന്റെ അന്തരാത്മാവായിരിക്കുന്ന വെളിച്ചം അതിനോട് പറയുന്നു അത് മേ ആവിരേതി േഥി ആവിരേഥി പറയും മലയാളത്തിൽ പറയും ആവിർഭവിക്കുക ഭവിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഏഥി പഠിച്ചിട്ടുണ്ട് ഏഥത്തെ തൻ്റെ ഒരു പോവണേധി ആവിർഭവിക്കട്ടെ എന്നാണ് ആവിഹി ആ പ്രകാശം എൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രകാശം ആവിർഭവിക്കട്ടെ േ എന്റെ ഉള്ളിൽ പ്രകാശിക്കട്ടെ എപ്പോ ഈ സ്വാധ്യായം ചെയ്യുമ്പോ അല്ലെങ്കിൽ തത്വ ശ്രവിക്കുമ്പോ അതിനാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത് വാക്കും മനസ്സും തമ്മിൽ ഒരു പൊരുത്തം വേണം രണ്ടും രണ്ടു വഴിക്ക് ഓടാൻ പാടില്ല എന്നേ തിരിയായി നമഹ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ തിരിയബോധം ഉണ്ടാവു ഇല്ല എന്താ തിരിയും പറഞ്ഞു വിശേഷിച്ചൊന്നും സംഭവിച്ചിട്ടില്ല സംഭവിക്കുന്നുള്ള പ്രതീക്ഷ ഇല്ല അടുത്ത കാലത്താണ് എന്തുകൊണ്ട് അവിടെ വാക്കും മനസ്സായിട്ടൊന്നൊരു ബന്ധമില്ല സച്ചിദാനന്ദ സ്വരൂപായത് എന്താ സച്ചിതാണ് വാക്കിന് പറഞ്ഞു പറഞ്ഞു എന്ത് ചെയ്തു വാക്കിന് അർത്ഥമേ ഇല്ലാതായി നിരന്തരം പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിന് തന്നെ ഇപ്പോൾ വേദം ചൊല്ലുന്നവനും ഇത് തന്നെ പെട്ടു അതുകൊണ്ടാണ് കഴുത എന്ന് പറയുന്നത് അതിനൊന്നും അർഹമില്ലാത്തൊരു ആ ശബ്ദങ്ങൾ അത് വരാതിരിക്കണം വാക്ക് മനസ്സ് ആത്മാവ് ഇത് ചൊല്ലുന്നത് ജീവനോ അല്ലെങ്കിൽ കേൾക്കുന്ന ജീവനോ ആ ജീവൻ തന്നെ സ്വലഭമാണ് ഈ പറയുന്ന ആവിഹി വെളിച്ചം അത് ഈ ശബ്ദത്തെ മനസ്സനുസന്ധാനം ചെയ്ത് അതിൻ്റെ താല്പര്യമായി ഉളി പ്രകാശിക്കേണ്ട തുരിയെന്ന് പറയുമ്പോൾ തൻ്റെ സ്വരൂപമായി പ്രകാശിക്കേണ്ടതാണ് സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ തൻ്റെ സ്വരൂപമായി പ്രകാശിക്കേണ്ടതാണ് പക്ഷെ അവിടെ മനസ്സിനായി ഏകാഗ്രതയില്ല വാക്കും അർത്ഥവും തമ്മിൽ ഒരു ബന്ധവുമില്ല അവിടെ മനസ്സിലെ വിഷയങ്ങൾ വേറെ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ആ വിഹി ആ വെളിച്ചം എനിക്ക് ആവരേധി ആവിർഭവിക്കട്ടെ എനിക്കല്ലെങ്കിൽ എന്റെ ഉള്ളിൽ അല്ലെങ്കിൽ എന്റെ സ്വരൂപമായിരിക്കുന്ന എന്റെ തന്നെ ആ വെളിച്ചം എന്നിൽ പ്രകാശിക്കട്ടെ അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് വാക്കും മനസ്സും തമ്മിൽ ഒരുമിച്ചിരിക്കട്ടെ ഇത് പറയുന്നു ഇത് സാധാരണ നമ്മൾ ശാന്തിമന്ദനം ചൊല്ലാറുണ്ട് അവിടെ ചൊല്ലാറുണ്ടോ എന്ന് അറിയത്തില്ല ആശ്രമങ്ങളെല്ലാം ചൊല്ലാറുണ്ട് ആവിരാവീർമ്മ ഏദി എന്നെന്നും ചൊല്ലും ആവിരാവേർമ്മ ഏദി എന്തോ എന്തോ ഒരാവി പല ആവി നമുക്ക് പരിഹാര അതുപോലൊരാവി എന്നുള്ളതല്ലാതെ ഒരിക്കൽ പോലും എന്താണ് ഈ ആവി എന്നുള്ളത് ഈ ചൊല്ലുന്നവർ ചിന്തിക്കാറില്ല അങ്ങനെ ഒന്ന് അറിയണമെന്നുള്ളൊരാഗ്രഹം മനസ്സിലോട്ടുണ്ടാവാറുമുണ്ട് ഇത് ചൊല്ലണം അതുകൊണ്ട് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താ ഈ ആവി കാരണം നമുക്ക് ആവി എന്താണ് പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലും കൊണ്ട് ചിന്തിക്കേണ്ട കാര്യ ജിജ്ഞാസ പോലും മനസ്സിൽ വരത്തില്ല പിന്നെയാണോ വാക്ക് അർത്ഥം അതിന്റെ ബന്ധം ഇതൊന്നും അപ്പോ അത് ആ താൽപ്പര്യം മനസ്സിലാക്കാൻ എൻ്റെ ഉള്ളിലിരിക്കുന്ന തത്വം പ്രകാശിക്കട്ടെ മനസ്സും വാക്കും ഒന്നുചേർന്നതിനെ പ്രകാശിപ്പിക്കട്ടെ എന്നൊരു പ്രാർത്ഥന ഉള്ളിൽ വന്നില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ടെന്താ പ്രയോജനം ഉപാസനയുടെ ഫലം കിട്ടൂ അല്ലെങ്കിൽ തത്വചിന്തയുടെ ശ്രമണത്തിന്റെ എന്തെങ്കിലും ഫലമുണ്ടാവോ പിന്നെ വേദം ചൊല്ലുന്നതിന് പറയുന്നത് തന്നെ അതിഷ്ടം ഉണ്ടാവും പുണ്യം ഉണ്ടാവും അതുണ്ടാവും അത് വേദമന്ത്രങ്ങൾ തെറ്റൊന്നും വരുത്താതെ ഉണ്ടാവും ഇത് തെറ്റുവരുത്താതെ ചൊല്ലാനും പറ്റത്തില്ല പ്രഹാസീരേനാന ഇങ്ങനെ ചൊല്ലുന്നത് ഞാൻ പലരും ഇവിടെ തന്നെ ചൊല്ലുന്ന ചൊല്ലു അതിനകത്ത് വരുന്നുണ്ട് അതുകൊണ്ട് ഇതിലുള്ളതിന്റെ ഇരട്ടിന്യായ പ്രഭാകീരേന ഇങ്ങനെയു അപ്പോ അതിന്റെ പാപവും പുണ്യത്തിന് പകരം വേദം ചൊല്ലുന്നുണ്ട് കിട്ടുക എന്റെ പുണ്യവും പോയി എല്ലാ ദിവസവും എല്ലാ ദിവസവും അതിന്റെ പാവം പിന്നെ ഈ പറയുന്ന കാര്യം കൂടെയാണ് സംഭവിച്ചിരുന്നു ആവിരാവിറമ്മ ഏറ്റി ഉള്ളിൽ പ്രകാശിച്ചു വേദസ്യമ ആണീസ്തഹ ഈ പറയുന്നതിന് നമുക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കും ആണി നമുക്ക് പരിചയം ഉണ്ടാകും ആണി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ബാക്കിയുള്ള കാര്യങ്ങൾ പ്രയാസമാണ് വേദവും ചിലപ്പോൾ മനസ്സിലാവും ഏതസ്യമ ആണിഷ്ട ആനയിക്കട്ടെ എന്ത് വേദം പറഞ്ഞല്ലോ ആ തത്വം എന്റെ ഉള്ളിൽ പ്രകാശിക്കട്ടെ അതെങ്ങനെ പ്രകാശിക്കണം വേദത്തിലൂടെ പ്രകാശിക്കണം വേദം അതിനെ ആനയിക്കട്ടെ ആ തത്വത്തെ ആനയിക്കാന്ന് പറഞ്ഞാൽ എന്താണോ എന്റെ ഉള്ളിൽ പ്രകാശിപ്പിക്കട്ടെ ഇത് ഉപനിഷത്ത് ചൊല്ലുന്നതിന് മുമ്പ് സാധാരണ അങ്ങനെയുള്ള വരുന്ന ശാന്തിമുട്ടം ഉപനിഷത്ത് ചൊല്ലുന്നതിന് മുമ്പ് പറയേ എന്തിനുപനിഷത്ത് ചൊല്ലണം മുമ്പ് പറഞ്ഞു പ്രകാശം എന്റെ ഉള്ളിൽ പ്രകാശിക്കട്ടെ എങ്ങനെ പ്രകാശിക്കും എവിടെ നിന്ന് വരും പ്രകാശം പറയുന്നു വേദം അതിനെ ആനയിക്കട്ടെ ഞാൻ പരസ്പര ബന്ധമുണ്ട് പറയുന്ന ഓരോ കാര്യം ഏതൊരു പ്രകാശമാണോ തൻ്റെ ഉള്ളിൽ പ്രകാശിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് വേദത്തിലൂടെ സംഭവിക്കട്ടെ അതുകൊണ്ടാണ് ശ്രുതി എന്ന് പറയുന്നത് അപ്പൊ ശ്രുതിയുടെ താല്പര്യം മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ ഈ ശ്രോതാവീത് ചൊല്ലുന്നത് വക്താവീത് ചൊല്ലിക്കൊടുക്കുന്നത് വേദാധ്യനത്തിന്റെ ഫലം അതിനെപ്പറുകയാണ് അത് ഈ ആത്മബോധം അത് പ്രകാശിക്കുകയാണ് അതൊരു ഉപാസന എന്താണ് നിലയ്ക്ക് ആയാലും ആത്മതത്വത്തിന്റെ ഉപാസന മറ്റൊന്നും വേറെന്തെങ്കിലും ഫലത്തെ ഇവിടെ ആഗ്രഹിക്കുന്നില്ല ആവശ്യപ്പെടുന്നില്ല ഒന്നുമില്ല ഈ ആത്മവിഷയമായിട്ടുള്ളതല്ല മറ്റൊന്നും ഇവിടെ മറ്റു പല ശാന്തി മന്ത്രങ്ങളിലും ബുദ്ധി വേണം ശക്തി വേണോ എന്നെല്ലാം പറയും പക്ഷെ ഇവിടെ ഒന്നുമില്ല ഇവിടെ ആത്മബോധം അത് മാത്രമേ ആണ് ഇവിടെ ആഗ്രഹിക്കുന്നത് അത് വേദം വേദത്തിലൂടെ വരട്ടെ അതുകൊണ്ട് ഇനി തുടർന്ന് ഉപനിഷത്ത് അധ്യയനം ചെയ്യുകയാണ് അത് സ്വാധ്യായമായാലും ശരി ശ്രവണമായാലും ശരി മനനമായാലും ശരി അവിടെയെല്ലാം ഇത് സംഭവിക്കണം വേദം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന തത്വം തന്റെ ഉള്ളിൽ പ്രഹാസിക്കുന്ന വേദം തന്നെ കൊണ്ടുവരണം എന്നാണ് അതുകൊണ്ട് പറയുന്ന എന്താണ് ശ്രുതം മേ മാ പ്രഹാസി ഇത് പറയെളു പക്ഷെ സംഭവിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് അത് ശരിയാണ് മനസ്സതിന് പാകമല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒന്നും സംഭവിക്കത്തില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുള്ളൂ ശുദ്ധശൂന്യമായിട്ടുണ്ടായാലും സംഭവിക്കത്തില്ല വേദം കേൾക്കുമ്പോൾ ആദ്യം ഉപനയനം ചെയ്തു വേദാധ്യയനം ചെയ്തു വേദ അംഗങ്ങളെല്ലാം പഠിച്ചു ആ വേദാംഗങ്ങളെല്ലാം മനസ്സിലാക്കി അർത്ഥബോധമുണ്ട് വേദം പറയുന്നതിന്റെ താല്പര്യം മനസ്സിലാവുന്നു പക്ഷേ നമ്മൾ പറയുന്നുണ്ടല്ലോ ജ്ഞാനമുണ്ടായി മമ്മൂക്ഷുവായി ജിജ്ഞാസുവായി കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് അവരും ജ്ഞാനമുണ്ട് പക്ഷേ എന്താണ് അവിടെ സംശയങ്ങളും വിപേരിയങ്ങളും എല്ലാം ഉണ്ട് കുറച്ച് സമയമൊക്കെ മനസ്സിൽ പറയുന്നതിന് എന്തെങ്കിലും പിന്നെ മനസ്സെവിടെയെങ്കിലും പോകും മനസ് അതിന്റെ ഒഴിക്കുന്നു അങ്ങനെ പൂർണ്ണമായ അർത്ഥ അനുസന്ധാനത്തിലുള്ള ക്ഷമതയൊന്നും മനസ്സിന് വന്നിട്ടില്ല ആ ഏകാഗ്രതയൊന്നും മനസ്സിനില്ല അതുകൊണ്ട് ശ്രുതം ധരിച്ചതെന്തോ പൂർണമായി ധരിച്ചൂടെ എന്നാൽ പിന്നെ ഈ ഉപാസന ആവശ്യങ്ങൾ കുറേയൊക്കെ ഞാൻ ധരിച്ചിട്ടുണ്ട് ആത്മാവുണ്ട് അതാണ് എന്റെ സ്വരൂപം അത് സച്ഛുദാനന്ദമാണ് പക്ഷെ അവിടെ വീണ്ടും വരും അതെന്താ സജ്ജിതം എന്താണ് ചിത്ത് എന്താണ് ആനന്ദം തത്വമസി ശരിയാകും അജ്ഞാനം സംശയകാര്യങ്ങളെല്ലാം വരും അങ്ങനെ ഉണ്ടെങ്കിലും ശ്രുതം കുറെ ധരിച്ചു കഴിഞ്ഞു കേട്ട് കഴിഞ്ഞെന്ന് വെച്ചാൽ എന്താണോ ധരിച്ചത് അതാണ് കേട്ടെന്ന് പറഞ്ഞു അവൻ പറഞ്ഞു കേട്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ശബ്ദം കേട്ടെന്നാണോ അല്ല ശബ്ദത്തിലൂടെ അവൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കുറച്ചു മനസ്സിലാക്കി എന്നാണ് വേദത്തിന്റെ സ്വാധ്യായത്തിലൂടെയോ അല്ലെങ്കിൽ ശ്രവണത്തിലൂടെയോ എന്താണോ ഞാൻ ധരിച്ചത് അത് മേ മാ പ്രഹാസിഹി അത് എന്നെ മാ പ്രഹാസിഹി എന്നെ വിട്ടു പിരിയരുത് അടുത്ത് പ്രാർത്ഥിക്കുന്നു നോക്കുക ഓരോ കാര്യങ്ങളും അത്ര ക്രമമായിട്ടാണ് ഇവിടെ പറയുന്നത് ഇതർത്ഥം മനസ്സിലാക്കാതെ ഇത് ചൊല്ലിയിട്ട് എന്താ കഥ അതുകൊണ്ട് എന്താണോ ഇതുവരെയുള്ള സ്വാധ്യായം കൊണ്ട് അല്ലെങ്കിൽ ശ്രവണം കൊണ്ട് ഞാൻ ധരിച്ചത് അത് മേ എന്നെ മാ പ്രഹാസിഹി വിട്ടുപോകരുത് മാറിപ്പോകരുത് എന്ന ഇങ്ങനെ പറഞ്ഞല്ലോ ആപാദജ്ഞാനം ഏത് അധ്യയനം ചെയ്ത് അർത്ഥം കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ത്മതത്വത്തെ കുറിച്ച് മനസ്സിലാവുന്നു ഉപനിഷത്ത് ഭാഗത്ത് അതിനാപാതജ്ഞാനം പറഞ്ഞു ഒരറിവ് അവനുണ്ടാകും ഇന്നറിവുണ്ടായി അടുത്ത വർഷം വേണ്ടി തുടരുന്നു ഇന്ന് അറിഞ്ഞതെല്ലാം പോയി കഴിഞ്ഞാലോ മനസ്സെന്ന് പറയുന്നത് മായ്ച്ചു കളഞ്ഞ് സ്ലേറ്റ് പോലായാലോ പിറ്റേ ദിവസം വരും തലേവസ്ഥ ഒന്നുമില്ല അങ്ങനെ എട്ട് വർഷമായി പത്ത് വർഷമായി ഇതൊക്കെ ശ്രവിക്കുന്നുണ്ട് വേദാന്തമൊക്കെ ശ്രവിക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പം ക്ലീൻ സ്ലാറ്റ് ആണ് ഒരു പ്രശ്നമില്ല അങ്ങനെ പോയിട്ട് കാര്യം വല്ലണ്ടോ കേട്ടതൊന്നും മനസ്സില്ല ഇപ്പോഴും കേൾക്കുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കാം വിസ്മൃതിയിലേക്ക് പോവുക അതാണ് മറക്കരുത് അതാണ് കൂടെ പ്രാർത്ഥിക്കുന്നത് എന്നെ വിട്ടുപോകരുതെന്ന് പറഞ്ഞാൽ അതാ ആ പാകജ്ഞാനത്തിൽ വരുന്ന ദോഷങ്ങളെല്ലാം പരിഹരിച്ച് അതെല്ലാം മാറി ആ ജ്ഞാനം തന്നെ അപരോക്ഷമായി പ്രകാശിക്കണം അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം ഈ കേട്ടതൊന്നും ദൈവം ചെയ്തും മറന്നുപോകരുത് എന്നെ വിട്ടുപോകരുത് നിങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കണം എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എന്താണോ താൻ ഇതുവരെ ഗ്രഹിച്ച അർത്ഥം ആ പ്രാർത്ഥിക്കുകയാണ് ശ്രുതം നീ മാ പ്രഹാസിഹി എന്താധ്യാത്മിക തത്വങ്ങളാണോ ഞാൻ ഗ്രഹിച്ചത് അതൊന്നും എന്നെ വിട്ടുപോകാതിരിക്കണേ അതൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥന വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടണമെന്നാഗ്രഹമുണ്ട് ടൈംപാസിന് വേണ്ടിയിട്ടല്ല കുറച്ച് സമയം ഇങ്ങനെയും പോട്ടെ എന്തായാലും പല വഴിക്ക് സമയം ചിലവഴിക്കുന്നുണ്ട് കുറച്ച് സമയം അവിടെ പോയി ഇരുന്നു കൊടുക്കണം അങ്ങനല്ല ഇവിടെ പറയുന്നത് ധരിക്കണം വേദം അത് പ്രകാശിപ്പിക്കണം എന്താണോ ധരിച്ചത് അത് വിസ്മൃതിയിലേക്ക് പോകരുത് അതും പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ എന്ത് വേണം ശരി ധരിച്ചത് നമ്മൾ ധരിക്കുന്ന എന്തുകൊണ്ട് പോകുന്നു നമ്മൾ സത്സംഗത്തിലിരിക്കുമ്പോൾ ചില കുട്ടികൾ പറയുന്നതുപോലെ ഒരു പുക പോലെയൊക്കെ തോന്നും എന്തൊക്കെ ചില ആശയങ്ങൾ മനസ്സിൽ പക്ഷെ എല്ലാവർക്കും അങ്ങനെയാണെന്നല്ലേ ഞാൻ പറയുന്ന അങ്ങനെ സംഭവിക്കാം എല്ലാവർക്കെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പറയുന്നു യോഗ്യന്മാരോ യോഗ്യന്മാരല്ലെന്ന് ഞാൻ പറയുന്നു എങ്ങനെയൊക്കെ ആകാം അപ്പോ ഒരു അവ്യക്തമായി ഗ്രഹിക്കും ഒരു കാര്യം അവ്യക്തമായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പം പോകും വ്യക്തമായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും പോകത്തില്ല ഗുരു വളരെ കടുപ്പത്തിൽ നിന്ന് ശാസിച്ചു മനസ്സിൽ നിന്നും അറിയത്തില്ല പക്ഷെ സ്നേഹത്തോടുകൂടി എന്തെങ്കിലും സതുപദേശം ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ മറന്നു അടുത്ത നിമിഷം അത് മനസ്സിൽ കാണത്തില്ല അത് എന്താണോ ഇത് രണ്ടാമത് പറഞ്ഞ കാര്യം വളരെ അവ്യക്തമായിട്ടാണ് ധരിച്ചത് മനസ്സ് ഒരു നേല്ലേ മറ്റതങ്ങനെ വളരെ ശക്തമായി മനസ്വീകരിച്ച് അത് വിട്ടുപോകത്തില്ല അപ്പം സാത്വികമായ കാര്യങ്ങളും മനസ്സ് വളരെ ലാഘവത്തോടെ സ്വീകരിക്കും രാജസവും താമസവുമായ കാര്യങ്ങളാണെങ്കിൽ മനസ്സ് വളരെ മനസ്സിന്റെ സ്വഭാവമാണ് ആരെങ്കിലും ഒരു ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞല്ലോ പക്ഷെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അത് മറന്നു എന്തുകൊണ്ട് മനസ്സിന്റെ സാത്വികമായ മനസ്സിന് മാത്രമേ സാത്വികമായ കാര്യങ്ങളെ ദൃഢമായി ഗ്രഹിക്കാൻ പറ്റൂ രാജസവും താമസവുമായ മനസ്സിന് അത്തരം കാര്യങ്ങളെ ആഗ്രഹിക്കാൻ പറ്റൂ ഇവിടെ അതിൽ സംഭവിക്കും കാര്യങ്ങൾ ധരിച്ചും പക്ഷെ വിട്ടുപോകും അതുകൊണ്ടാണല്ലോ പ്രാർത്ഥിക്കുന്നത് വിട്ടു വിട്ട് പോകത്തില്ലെങ്കിൽ പിന്നെ അങ്ങനെ പ്രാർത്ഥിക്കും അപ്പൊ പോകാതിരിക്കണമെങ്കിൽ എന്ത് വേണം വ്യക്തമായി നിലധരിക്കണം വ്യക്തത എങ്ങനെ ഉണ്ടാവും ഒരു കാര്യം പറയുന്നതിൽ വ്യക്തത എങ്ങനെയുണ്ടാവും നമ്മുടെ അനുഭവത്തിന് എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഏഴ് വർഷത്തിന് മുമ്പ് സത്സംഗത്തിൽ ഇരുന്ന് ഒരാൾ എന്നിരിക്കുകയാണെങ്കിൽ അന്നത്തെ അയാളുടെ അനുഭവമായിരിക്കില്ല ഇന്നത്തേൻ അന്നത്തെ അറിവായിരിക്കില്ല ഇന്നത്തേൻ അത് ഓരോ നിമിഷവും അത് തെളിഞ്ഞു തെളിഞ്ഞ് വരും ഏകാഗ്രതയോടുകൂടി ഈ പറയുന്ന പ്രാർത്ഥനയോടുകൂടി അതിനെ ശ്രമിക്കുകയാണെങ്കിൽ ശ്രദ്ധയോടുകൂടി എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു ആവർത്തനമാണ് അതാണ് അടുത്ത് പ്രാർത്ഥിക്കുന്നത് അനേന അധീതേന അഹോരാത്രാൻ സന്തധാമി എന്നിട്ട് പറയുന്നു അവിടെ മൂന്ന് നായയുള്ളൂ കൂടുതലൊന്നുമില്ല ചൊല്ലുമ്പോൾ ഒരുപാട് ചെല്ലേണ്ട കാര്യം അനേന അധീതേന ഇത്രയു അധീതേന അനേന എന്താണോ ഞാൻ ഇതുവരെ ധരിച്ചത് നേരത്തെ വന്നില്ല ചുരുത്തം ഇതുവരെ ഈ സ്വാധ്യായം കൊണ്ടും ശ്രവണം കൊണ്ടും എന്താണോ ധരിച്ചിരിക്കുന്നത് അനയന പ്രത്യക്ഷമായി പറയ എന്താണോ അതാണ് അനേന എന്നുള്ള ശബ്ദം വിശേഷണം ഉപയോഗിച്ചിരിക്കുന്നത് എന്താണോ പിതമസ്ത സന്നി കൃഷ്ണൻ ഏറ്റവും താൻ സ്വാംശീകരിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ് അധീതം ശ്രുതം എന്നവരെ അർത്ഥം തന്നെ എന്താണോ ഇതുവരെ താൻ സ്വാംശീകരിച്ചത് സംശീകരിച്ചിട്ടുണ്ടല്ലോ കുറെ കാര്യങ്ങൾ അത് വിടാൻ അങ്ങനെ ഉണ്ടാകുമല്ലോ നമ്മുടെ അനുഭവത്തിൽ കാണും നമ്മൾ ഒരു ദിവസം ഇത് തത്വം ശ്രവിക്കുന്നു കേൾക്കുന്നു രണ്ട് മൂന്ന് ദിവസം അതിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ മനസ്സിലത് കൂടുതൽ പ്രകാശിക്കുന്നു അപ്പോൾ അനേന അധീതേന എന്ന് പറയാൻ പറ്റും എന്താണോ ധരിച്ചത് അത് നമ്മെ നഷ്ടപ്പെടാതെ തന്നെ പത്ത് ദിവസം ഇത് വിട്ടുകഴിഞ്ഞാലോ അതാണ് നമുക്ക് സംഭവിക്കുന്നത് നമ്മളൊരു മണിക്കൂർ ഈ ഇത്തരം വിഷയങ്ങളിൽ മനസ്സ് നിർത്തുന്നു ബാക്കി ഇരുപത്തിമൂന്ന് മണിക്കൂറും മറ്റു കാര്യങ്ങളും മനസ്സിൽ ചെലവഴിക്കുന്നു അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇത് പോകും പ്രഹാസിഹി ഒട്ടുപോകും അത് വരാതിരിക്കാൻ പറയുന്നു അനേന അതിഥേന എത്രമാത്രം ഞാൻ ധരിച്ചോ അതുകൊണ്ട് അഹോരാത്രാൻ രാവും കഴിയട്ടെ രാവും പകലും അതിനനുസന്ധാനം ചെയ്യാൻ എനിക്ക് കഴിയട്ടെ അതിനെ വിസ്മരിച്ചിട്ടൊരു കാര്യം രാവും പകലും അനുസന്ധാനം ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിന് നേരത്തെ പറഞ്ഞോ മാ പ്രഹാസി വിസ്മരിക്കരുത് വിസ്മരിക്കാതിരിക്കുന്നതിന് വേണ്ടി അധ്യയനം ചെയ്തതിന് രാവും പകലും ആവർത്തിക്കുക കഴിയുന്നത്ര അതാണ് അവിടുത്തെ പ്രാർത്ഥന അങ്ങനെ തുടർന്ന് വരാം വാഗ്മയെ മനസ്സിൽ പ്രതിഷ്ഠിത തുടങ്ങി ഇതുവരെ പറയുന്നതാണ് അദ്വൈതത്തിലെ യഥാർത്ഥമായ സാധന എന്ന് പറയുന്നു ഇതിനകത്ത് ശ്രവണം മനനം നിതിധ്യാസനം എല്ലാം വരുന്നുണ്ട് വാഗ്മേ മനസ്സി പ്രതിഷ്ഠിത മനോമേ വായുപ്രതിഷ്ഠത എന്ന് പറയുമ്പോൾ അത് ശ്രവണമായി തുടർന്ന് മനനമായി അടുത്ത് അനേന അധീതേന അഹോരാത്രാൻ സന്തധാമി എന്ന് പറയുമ്പോൾ അതിൻ്റെ തത്വത്തിൽ തത്വത്തിന്റെ ആ തത്വബോധത്തെ നിരന്തരം നിലനിർത്താൻ ശ്രമിക്കുന്നു അതാണ് അത് ആവർത്തിക്കുന്നു ആവർത്തനം എന്തിനു വേണ്ടി ഇത് തന്നെ വിട്ടുപോകാതിരിക്കാൻ മറക്കാതിരിക്കാൻ അത് ക്രമമായി പറഞ്ഞിരിക്കുകയാണ് ഇത് സംഭവിക്കണം ഇത് സംഭവിച്ചാൽ എന്താ പ്രയോജനം ഏത് തത്വത്തെയാണോ ഈ ശ്രുതി വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആ തത്വത്തിന്റെ സാക്ഷാത്കാരം അത് സാക്ഷാത്കരിച്ചാലോ പറയുന്നു വ്രതം വധഷ്യാമി ഈ തത്വത്തെ ഞാൻ വെളിപ്പെടുത്തും ഈ തത്വത്തെ ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്രോതാവ് പറയുന്നു ഞാനും ഒരു വക്താവും സത്യം പറയും പരമാത്മ തത്വത്തെ അന്യർക്കുപദേശിക്കും അതാണ് ഉപദേശിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇതാണ് ധരിക്കുന്നത് മറ്റുള്ളവർക്കും അത് അവിദ്യാ പാരമ്പര്യത്തെ അത് നിലനിൽക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് നശിക്കാൻ പാടുള്ളൂ നശിക്കത്തില്ല പക്ഷെ നശിക്കുന്നതിനുള്ള ഒരു വഴി അതാണ് വിദ്യാപാരമ്പര്യം അത് നിലനിർത്തണം ഇവിടെ എന്തു ചെയ്തു പതിനഞ്ചേത് ആചാര്യൻ വേദം പഠിപ്പിച്ചു ഉപനിഷത് സഹിതം ഇതെല്ലാം മനസ്സിലാക്കി ശിഷ്യൻ അതൊക്കെ അനുസന്ധാനം ചെയ്തു മനസ്സിലാക്കി ഇത് അവിടെ അവസാനിക്കാൻ പാടില്ല അതിനു വീണ്ടും പ്രകാശിപ്പിക്കണം ഇത് തുടർന്നു പോകണം ധ്രതം വധിഷ്യാമി പറയു സത്യം വധിഷ്യാമിതം ആ പരമാർത്ഥ സത്യം പരമാത്മാവ് അതിനെ പ്രകാശിപ്പിക്കുന്നു പരമാർത്ഥ തത്വത്തെ പ്രകാശിപ്പിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താണ് ഈ ലോകത്ത് സത്യമായിട്ടുള്ളത് അതിന്റെ ഉപായങ്ങൾ അതാണ് അതുകൂടെ ഉണ്ടെങ്കിലേ പറ്റും പരമാത്മാവിനെ അത് നേരിട്ട് പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല ഒരു ഗുരുവിനും കഴിയത്തില്ല മറിച്ച് അതിനെങ്ങനെ പ്രകാശിപ്പിക്കുന്നു ഉപായങ്ങളിലൂടെ അത് സത്യം ആ ഉപായങ്ങളെ ഞാൻ ഉപദേശിക്കുന്നു ആ സത്യം എന്ന് പറയുന്നതിലെല്ലാം വരും നമ്മൾ സാധാരണ പറയുന്നത് സത്യവും വരും ശ്രവണമലനാദി സാധനങ്ങൾ വരും മറ്റുള്ള എല്ലാ സാധനങ്ങളും അന്ധകരണ ശുദ്ധിക്ക് ഉതകുന്ന സാധനങ്ങൾ മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് ഉതകുന്ന സാധനങ്ങൾ വരും ഈശ്വരന്റെ അനുഗ്രഹത്തിന് ഉതകുന്ന സാധനങ്ങൾ വരും എല്ലാം സത്യമാണ് എന്തുകൊണ്ട് അതെല്ലാം സത്യത്തെ വെളിപ്പെടുത്തുന്നതിനും സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിനും സഹായിക്കും അപ്പോൾ ആദ്യത്തെ എഴുതുമെന്ന് പറയുന്നത് പരമാത്മതത്വം അത് ഞാൻ വെളിപ്പെടുത്തും അതിനുവേണ്ടി സത്യം അതിന്റെ ഉപായങ്ങളെ വെളിപ്പെടുത്തും ശ്രവണമലനാദി സാധനങ്ങളെല്ലാം അതിൻ്റെ ഉപായങ്ങളാവുന്നതിനെയും സത്യത്തിന്റെ സാധനമായതുകൊണ്ട് അതിന് സത്യം സത്യത്തിൻ്റെ ഉപായം എന്നുള്ള നിലയ്ക്ക് അതുകൊണ്ട് എന്താണോ അതാ അത് പറഞ്ഞിരിക്കുന്നു ഘൃതമൊന്നും സത്യമൊന്നും പറഞ്ഞാൽ സാധാരണ സത്യം എന്നാ അർത്ഥം പക്ഷെ ഭാഷകാരൻ ഇത് തന്നെ പല അർത്ഥത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളു മുമ്പ് വ്യാഖ്യാനിച്ചെടുത്തെല്ലാം പല അർത്ഥം പറഞ്ഞിട്ടുള്ളു ഇവിടുത്തെ അർത്ഥം ഇതാണ് ഞാനിവിടെ ഈ പറഞ്ഞു വരുന്നതിനൊരു ക്രമം വളരെ അടുക്കും ചിട്ടയോടുകൂടിയാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ഈ ശ്രോതാവിന്റെ താൽപ്പര്യവും എന്താണ് ഈ തത്വത്തെ സാക്ഷാത്കരിച്ച് അതിനെ വെളിപ്പെടുത്തണം അതും എങ്ങനെ അതിൻ്റെ സമ്പ്രദായത്തിലൂടെ അതാണ് സത്യം എന്ന് പറയുന്നത് ആ മാർഗത്തിലൂടെ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും അന്ധേ നീവ നിയമാന യഥ അന്താഹ അങ്ങനെ സംഭവിക്കും കണ്ണ് കാണാത്തവന് കുരടൻ വഴി കാണിക്കുന്ന അത് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് അത് സന്മാർഗം നമ്മൾ പറയാറുണ്ടല്ലോ സദ്ഗുരു സന്മാർഗം എന്ന് ഞാൻ പറയാറുണ്ട് അപ്പൊ രണ്ടും സംഭവിക്കണം ആ സന്മാർഗത്തിലൂടെ അനുവളിപ്പെടുത്തണം അതായത് സത്യം വധിഷ്യാമി അതുകൊണ്ട് വിനല്ല എന്ത് വേണം തത് മാംഅ അവയുന്ന സർവത്ര പരമാത്മ തത്വത്തെ സൂചിപ്പിക്കുകയാണ് അത് മാംഅ അവക്ഷിക്കട്ടെ എന്ന് പറയുന്നു രക്ഷിക്കാന്ന് പറഞ്ഞാൽ എന്താണ് ഇതെല്ലാം ഇവിടെ തുടങ്ങിയ കാര്യം വാക്കും മനസ്സിനും തമ്മിലുള്ള പൊരുത്തം ആ തത്വത്തിന്റെ പ്രകാശനം അതിന്റെ വിസ്മൃതി സംഭവിക്കാതിരിക്കുക അതിന്റെ നിരീധ്യാസനം പിന്നെ ആ തത്വത്തിന്റെ പ്രകാശനം ആ സന്മാർഗത്തെ സംരക്ഷിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും എന്താണ് അനുഗ്രഹമുണ്ടാകണം മാം അവധുവിനെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അനുഗ്രഹിക്കുക ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകണം അദ്വൈതത്തില് ഈശ്വരനില്ല ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്നൊന്നും കൂടെ പറയുന്നില്ല പ്രാർത്ഥിക്കാൻ വേണ്ടും അതാ പരമാത്മ തത്വത്തിന്റെ അതെന്നെ രക്ഷിക്കണം എന്ന് വെച്ചാ രക്ഷിക്കാന്ന് വെച്ചാ അനുഗ്രഹത്തിലൂടെ രക്ഷിക്കുക ഇതിനെല്ലാം വേണ്ടി രക്ഷിക്കണം വേറെ വേണ്ടിയല്ല ശ്രോതാവിനെ തദ്വക്താരം അവ പറയുന്നു അത് മുഖ്യമായൊരു കാര്യമാണ് അത് വക്താവിനെയും അത് രക്ഷിക്കണം ആത്യന്തികമായിട്ട് ശ്രോതാവും വക്താവും രണ്ടല്ല എന്നെ രക്ഷിക്കണം എന്റെ ഗുരുവിനെ രക്ഷിക്കണം എന്നാണ് നമുക്ക് സാമാന്യമായി അർത്ഥം പറയാവുന്നുള്ളത് പക്ഷെ അതിൻ്റെ താല്പര്യം അതല്ല കാരണം അങ്ങനെ ഒരർത്ഥം പറയുന്നത് തെറ്റെന്നല്ല പറയുന്നു ഗുരുവിനെ രക്ഷിക്കാൻ വേണ്ടി ശിഷ്യം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല കാരണം ഗുരു രക്ഷപ്പെട്ടയാളാണ് ഇനി ശിഷ്യം പ്രാർത്ഥിച്ചിട്ടാണ് ഗുരു രക്ഷപ്പെടുന്നതെങ്കിൽ ഗുരുവിന്റെ കഷ്ടകാരമാണെങ്കിൽ പറയാൻ പറ്റും അപ്പൊ ഗുരുവിനെ രക്ഷിക്കാൻ വേണ്ടി ഒരിക്കലും ശിഷ്യം പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട് ഇവിടെ എന്താണ് വക്താവും ശ്രോതാവും ഒന്ന് ശ്രോതാവ് തന്നെയാണ് ഭക്താവായി മാറുന്നത് അതാണ് ഘൃതം വധിഷ്യാമി സംശയം പഠിക്കുന്നവരല്ലേ വധിഷ്യാമി വധിഷ്യാവ വധിഷ്യാമ ഉത്തമിഷേകോചനം പ്രാർത്ഥിക്കുന്ന ആളിന്നെ പറയാണ് വേറാണ് പറയുക ഞാനത് പറയുന്ന വെച്ചാൽ സ്വയം താൻ വക്താവായി മാറുന്നു സ്വയം താൻ ശ്രോതാവായിരിക്കുന്നു ഒരാൾ ശ്രോതാവായിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് നാളെ ഇതിന്റെ വക്താവായി മാറാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പിന്നെ ഇത് നിഷ്പ്രയോജം ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല ആ പറ്റും സൂര്യന് പ്രകാശിക്കാതിരിക്കാൻ പറ്റും പറ്റത്തില്ലല്ലോ ആ തീർച്ചയായും അത് പ്രകാശിക്കും അത് ഘടീപം പോലെ അപ്രത്യക്ഷമാകത്തില്ല കുടത്തിന്റെ ഉള്ളിൽ വിളക്ക് കൊടുത്തി വെച്ചാൽ ആരും കാണത്തില്ല ഇതങ്ങനെ സംഭവിക്കത്തില്ല പക്ഷെ എന്ത് ചെയ്യണം ഇന്ന് ശ്രോതാവായിരുന്ന പോലെ വക്താവായി മാറണം അപ്പം ശ്രോതൃ രൂപത്തിലും വക്തൃ രൂപത്തിലും ഇത് മാറണം അതിനെന്ത് വേണം ഈശ്വരന്റെ അനുഗ്രഹം വേണം എന്നുവെച്ചാൽ അത് ഫലവത്താകണമെന്ന് കേൾക്കാൻ താനിപ്പോ കേൾവിക്കാരനോ ശരി അതിന് അനുഗ്രഹം കേൾവിക്കാരനാകാൻ അനുഗ്രഹിച്ചാൽ മാത്രം പിന്നെയോ അതിന് ഉപദേശിക്കുന്നതിനും അനുഗ്രഹിക്കുന്ന വെച്ചാൽ എന്താണ് ആ ശ്രവണം സഫലമാകണം സാക്ഷാത്കാരത്തിലെ അത് വക്താവാകാൻ പറ്റും തത്വത്തെ ശരിയായി ഗ്രഹിക്കുന്നവനെ അതിനെ ശരിയായി പ്രകാശിപ്പിക്കാം തന്റെ ഉള്ളിൽ അജ്ഞാന സംശയങ്ങളുണ്ടായിരുന്നാൽ താൻ അത് പ്രകാശിപ്പിക്കുമ്പോഴും അജ്ഞാന സംശയങ്ങളോട് കൂടിയേപ്പെട്ടു അപ്പോൾ തന്റെ ഉള്ളിൽ അജ്ഞാന സംശയങ്ങൾ ഇല്ലാതാവണം ഹൃദയന്റെ ഹൃദയഗ്രന്ഥി ഭിത്യന്റെ സർവ്വസംശയാഹോ നമ്മൾ നമ്മൾ പരിശോധിച്ചില്ല അതുപോലെ സംഭവിക്കും എന്താണ് വിദ്യ സഫലമാകണം അതിനനുഗ്രഹിക്കണം അതാണ് വക്താരം അവതു ആരത്ത് അത് ആ പരമാത്മതത്വം രണ്ട് തരത്തിലും ശ്രോതൃ രൂപേണ ഭക്തരുപേണ അനുഗ്രഹിക്കട്ടെ ആ തത്വം അനുഗ്രഹിക്കട്ടെ ഇത് പറയുന്നു മാം അവതു ഇന്ന് ഞാൻ ഏതൊരുപത്തിലിരിക്കുന്ന ശ്രോതാവായിരിക്കുന്നു അത് ം അവക്താരം അതാണ് മുഖ്യം ശ്രവണം പറഞ്ഞതുപോലെ മരണം വരികയും ചെയ്യും ആ സഫലമായില്ലെങ്കിലോ ശ്രോതാവിനല്ല അവിടെ പ്രാധാന്യം അവൻ്റെ വക്താവിൻ്റെ കാര്യം വീണ്ടും അവർത്തിച്ചു അവത് വക്താരും അവത് വക്താരും അത് സഫലമാകട്ടെ സഫലമാകാൻ ഈശ്വരാനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ഫലത്തിൻ്റെ ഫലത്ത് ഉപസംഹരിച്ചു ഉപസരിക്കാൻ വേണ്ടിയിട്ടാണ് അത് രണ്ടു തവണ ആവർത്തിക്കും അവതു സാമാന്യമായ രീതിയിൽ എന്നെ രക്ഷിക്കണം ഗുരുവിനെയും രക്ഷിക്കണം എന്നും പറയാം വിശേഷിച്ചതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല മറിച്ച് ഇവിടെ ഇതിന്റെ ശ്രദ്ധയുടെ താല്പര്യമതാണ് വിദ്യ സഫലമാകണം ഓം ശാന്തി ശാന്തി ശാന്തി അത് നമ്മൾ എല്ലാർത്ഥം പറഞ്ഞിട്ടുള്ളതാണ് ത്രിവിധ ദുഃഖശാന്തി അത് സംഭവിക്കണം പ്രതിഷ്ഠിതം ആവിരാവി വേദശി ആണീസ് മേ മാസീ അനേന അഭീതരാൻ സന്ദം വതിഷ്യമേ സത്യം വരിഷ്യമ തന്മാവോ ഇപ്പോ എത്ര പേരെ മനസ്സിൽ ആണിയും ആവിയുമൊക്കെ പോയി ഇത് ഇത്രയും പറഞ്ഞതിന് ശേഷം ഇത് ചൊല്ലിയപ്പോ എത്ര പേരുടെ മനസ്സും വാക്കുമൊത്തു അതിന് ശ്രദ്ധ വേണം അങ്ങനെ ബ്രാഹ്മണഭാഗമാണ് അതിനെ ഭാഷകാരം വ്യക്തിക്കുന്നു ഈ പറയുന്ന ഇതിൻ്റെ താല്പര്യം ഭാഷയും പറയുന്നത് നമ്മളിതിനകം പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒരു പുതിയ രീതിയിലൂടെ പറയുന്ന പൊതുമായിട്ടൊന്നും തോന്നാൻ വഴിയില്ല ആത്മാ എന്നാണ് തുടങ്ങുന്നത് അതിനെ ഭാഷകാരം വ്യാഖ്യാനിക്കുന്നു ആത്മോ തേ അതേ വീ ഇത് ഭാഷകാരൻ എന്നും പുരുഷത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണെന്ന് എന്റെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ടവിടെ സന്തതോഭാവ് തസ്മാത്മീയ കീർത്തിയതേ എൻപത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്നാലും ആത്മാപ്നോഹ സർവത്തെയും പ്രാപിച്ചിരിക്കുന്നു സർവത്തെയും അധിക്കുന്നവനായിരിക്കുന്നു ഗ്രഹിക്കുന്നവനായിരിക്കുന്നു സർവത്ര വ്യാപിച്ചിരിക്കുന്നു ഇതെല്ലാം കൊണ്ട് ആത്മശബ്ദം അത എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് അത സാതത്വികന് എന്ന് പാണിനി പറാതുവിൽ നിന്നാണ് ആത്മശബ്ദം ഉണ്ടായത് അതുകൊണ്ട് ആ ധാതുവിന്റെ അർത്ഥത്തെ ഒന്ന് വിപുലീകരിച്ചു എന്തൊക്കെ അർത്ഥം വരാം അനേകാർത്ഥ ധാതവ ധാതുക്കൾക്ക് അനേകാർത്ഥം വരാം ഇങ്ങനെ ഒരു ധാതുവിന് ഒരർത്ഥമേ ഉള്ളൂ എന്നൊന്നുമില്ല ഭൂധാതു എന്ന് പറഞ്ഞാൽ ഭവതി എന്ന് പറയുന്ന ഒരർത്ഥമേ ഉള്ളൂ അങ്ങനെയൊന്നും അത് പല അർത്ഥങ്ങൾ വരാം അനേകാർത്ഥങ്ങളുണ്ട് തന്നെ മംഗളം മംഗളകരമാകുന്നത് അങ്ങനെ അർത്ഥമുണ്ട് ഭൂധാതു അതുപോലെ വൃദ്ധി വർധിക്കുന്നത് ഈ അർത്ഥമുണ്ട് ഒരു ധാതുവിന് പല അർത്ഥങ്ങൾ വരാം അതുപോലെ ധാതുപാഠത്തിലർത്ഥം പറഞ്ഞിരിക്കുന്ന ഉപലക്ഷണമെന്ന് വെച്ചാൽ ഈ ഒരു അർത്ഥം മുഖ്യമായി സ്വീകരിച്ചിരിക്കുന്നു അനേകാർത്ഥങ്ങളുണ്ട് അതുപോലെ അത്തധാതുവിനും അനേകാർത്ഥങ്ങളുണ്ടാണ് ഇവിടെ ഭാഷകാലം പറഞ്ഞ ആ വിനോദി ആദത്തെ അത്തി പല അർത്ഥങ്ങളും ഈ എല്ലാ അർത്ഥവും ചേരുന്നതാണ് ആത്മാ അത് ജീവഭാവത്തിലായാലും ശരി പരമാത്മഭാവത്തിലായാലും ശരി തരത്തിൽ ഉപയോഗിക്കുന്നു ജീവഭാവത്ത് വരുമ്പോൾ ആത്മനവധി വിഷയങ്ങളഗ്രഹിക്കുന്നു അതിനനുഭവിക്കുന്നു വിഷയങ്ങളെ സഞ്ചരിക്കുന്നു ജനന മരണങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ലഘുവായ അർത്ഥം പറയും ആത്മാവെന്ന് പറയുന്നു പരമാത്മാവെന്നെടുത്താലോ ഭക്ഷെ സംബന്ധിച്ച് ജീവാത്മാവിൽ നിന്ന് വരണ്ടല്ല പരമാത്മാവ് അതുകൊണ്ട് പരമാത്മാവെന്നുള്ള അർത്ഥത്തെടുത്ത് പറയുന്നത് സർവജ്ഞ പരഹ സർവജ്ഞ ആത്മാവിനങ്ങനെ പരിഛിന്നനാക്കാൻ പാടില്ല ഈ ശരീരത്തിൽ ഒതുക്കാൻ പാടില്ല അതുകൊണ്ട് പറഞ്ഞത് പരനാണ് സർവജ്ഞനാണ് സർവശക്തി സർവ്വശക്തനാണ് അശ്വനായാദി സർവ സംസാരധർമ്മ വർജിതനാണ് അശ്വന പിടങ്ങിയ സംസാര ധർമ്മങ്ങൾക്കെല്ലാം അതീതനാണ് നമ്മൾ നേരത്തെ പഠിച്ചുള്ള യേശു സർവേശ്വര യശ സർവജ്ഞ എന്നെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണത് അങ്ങനെയുള്ള ആത്മാവ് സ്വസ്വരൂപം തന്നെ അത് തന്റെ സ്ഥിരശൈലി പറയും നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വഭാവം ഭാഷകാരൻ്റെ സ്ഥിരം പ്രയോഗം അജോ അജരോ അമരോ അമൃതോ അഭയോ അദ്ധ്യോ അത്തരത്തിലുള്ള എത്ര വാക്കുകൾ ഉപയോഗിച്ചാലും നമുക്ക് ബോറടിക്കും ഭാഷകാരന് ബോറടിക്കത്തില്ല അങ്ങനെയുള്ള ആത്മാവ് ഓരോ വാക്കുകളും എന്താണ് പരമാത്മതത്വത്തെ വെളിപ്പെടുത്തുന്ന അതിന് വിപരീതമായി ദ്വയം അനുഭവിക്കുന്നു ഭയം അനുഭവിക്കുന്നു മൃതം മരണം അനുഭവിക്കുന്നു ജീർണ്ണത അനുഭവിക്കുന്നു ജനനം അനുഭവിക്കുന്നു ഇതിന്റെ എല്ലാം നിഷേധിച്ച് ഇതിന് വിപരീതമായി എന്നെ ബോധിപ്പിക്കുന്നു അവനാണ് ഇത്രയും വാക്കുപയോഗിക്കേണ്ടി വരുന്നത് അജീവന്റെ വികല്പമായ മനസ്സ് നിരന്തരം അവന് സമ്മാനിക്കുന്നത് ഇത്തരം വികല്പങ്ങളാണ് ദ്വൈതവികൽപ്പം ഭയവികൽപ്പം മരണത്തെ കുറിച്ചുള്ള വികല്പം ജരയെക്കുറിച്ചുള്ള ജന്മത്തെക്കുറിച്ചുള്ള വികല്പം ഈ വികല്പങ്ങളെല്ലാം നിരാകരിക്കും അനുദട ദുഃഖങ്ങളെ നിരാകരിക്കും മനുനിത്യ ശുദ്ധബുദ്ധം ബന്ധനത്തെ നിരാകരിക്കണം മുക്തം അതിനുവേണ്ടിയിട്ടാണ് ഈ എത്രമാത്രം വികല്പങ്ങൾ കൂടുന്നു അത്രമാത്രം അതിനെ നിരാകരിക്കുന്നുള്ള പദങ്ങളും കൂടും അതുകൊണ്ടാണ് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവോ അജോ അജരോ അമരോ അമൃതോ അഭയോ അദ്വയോ എന്നിങ്ങനെ മാലപ്പുടക്കം പോലെ പറയുന്നു വൈദം യഥുക്തം നാമരൂപകർമ്മ ഭേദ ഭിന്നം ജഗത് ഇതുവരെ ചർച്ച ചെയ്തെന്താണ് അത് നമ്മൾ ചർച്ച ചെയ്തില്ല കാരണം നമ്മൾ ഇവിടെന്നുമല്ല തുടർന്നു പക്ഷെ വേദത്തിൽ ചർച്ച ചെയ്തത് എന്താണ് ജഗത്തിനെ കുറിച്ചാണ് കർമ്മത്തെക്കുറിച്ച് കർമ്മത്തിന്റെ ഫലമായ ജഗത്തിനെ കുറിച്ച് അതാണ് വേദത്തിൽ ചർച്ച ചെയ്ത് അതുകൊണ്ട് ഭാഷകാരൻ പറയുന്നു ഏതു ഇതുവരെ എന്തിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് കർമ്മം കർമ്മഫലമായി ലോകങ്ങളെ പ്രാപിക്കുക നേരത്തെ പറഞ്ഞുള്ള അതിന്റെ ഫലമായി മനുഷ്യലോകം പിതൃലോകം ദേവലോകം ജഗത് അതങ്ങനെ നാമരൂപകർമ്മ ഭേദ ഭിന്നം നാമരൂപങ്ങൾക്കനുസരിച്ച് നാനാ കർമ്മങ്ങൾക്കനുസരിച്ച് അത് പലതാണ് അതാണ് മുമ്പ് ചർച്ച ചെയ്ത് പിതൃലോകം ദേവലോകം മനുഷ്യലോകം നമ്മളാണ് അങ്ങനെയുള്ള ഈ ജഗത് ഇതുവരെ ചർച്ച ചെയ്ത് ആ ജഗത്തിനെ കുറിച്ച് പറയുന്നു ആത്മാവാ ഇതം ജഗത് സാധാരണഗതിയിൽ ഉപനിഷത്തിൽ ഇങ്ങനെയുള്ള അദ്വൈതത്തിൽ ഇതം എന്ന് എവിടെ പറയുന്നു അതെല്ലാം ജഗന്തിനെ കുറിച്ചും തത് എന്ന് പറയുന്നത് സർവത്ര ആത്മാവിനെ കുറിച്ചും തന്മാവതു തത് തത്താരമതു അവിടെയൊക്കെ തത്തിന് നമ്മൾ പരമാത്മാവിനർത്ഥ ഇവിടെ ഇതം ഈ ജഗത്ത് ആത്മാവ അത് ആത്മാവ് തന്നെയായിരുന്നു സ്വസ്വരൂപമായ ആ പരമാത്മാവ് തന്നെയായിരുന്നു ആത്മാവ് ഇവിടെ കേൾക്കുന്നു സർവത്ര അത് സ്വസ്വരൂപത്തെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് സ്വസ്വരൂപത്തെ ബോധിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് ആത്മാവ അത് മാത്രമായിരുന്നു ഏകോ അതേകമായിരുന്നു അഗ്രെ എപ്പോ ജഗത സൃഷ്ടി പ്രാകാശി ജഗത് ഈ ജഗത് സൃഷ്ടിക്കും മുമ്പ് അത് മാത്രമായിരുന്നു ഇത് ഇവിടെ ഇപ്പം ചർച്ച ചെയ്യുന്നത് ബാഹ്യവുമായി നമ്മുടെ അനുഭവത്തിനു വിഷയവുമായിരിക്കുന്ന ഈ വിപുലമായ ജഗത്തിനെ കുറിച്ചാണ് ആ ജഗത്തിനെ തനിക്ക് സൃഷ്ടിക്കാൻ കഴിയത്തില്ല മറിച്ച് സർവജ്ജനും സർവേശ്വരനുമായിരിക്കുന്ന സർവശക്തനായ ഒരുവനെ സൃഷ്ടിക്കാൻ പറ്റും തനിക്ക് സൃഷ്ടിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല കാരണം താൻ അനുഭവിക്കുന്ന ഈ ജഗത്തിൽ തനിക്ക് യാതൊരു സ്വാതന്ത്ര്യവും താൻ പൂർണമായും ഇതിൻ്റെ ഇതിന് വിധേയനാണ് ശക്തിപാസാദികളെന്നൊക്കെ പറയുന്ന വിശക്കുണ്ടാകും അന്നൊക്കെ കീഴടങ്ങി ജീവിച്ച് പോകുന്ന താൻ ഇങ്ങനെ ഇതിനെ സൃഷ്ടിക്കും തനിക്ക് ശരീരം ഉൾപ്പെടെയുള്ള ജഗത്തിനെ സൃഷ്ടിക്കുന്ന ശേഷി അങ്ങോട്ട് പറയുന്നു അവിടെ സർവജ്ഞനും സർവ്വശക്തനുമായ ഒരുവനാണ് ഇതിനെ തട്ടിച്ച് എന്റെ വ്യാഖ്യാനത്തിൽ പറയും അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കണം അത് പറയും സുപ്താ ദുഃത സുപ്തികാലീനം ആത്മതത്വം ഇവ ഇതിനെ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം കാരണം സർവജ്ഞൻ സർവശക്തൻ അശനായാദി സർവധർമ്മ വർജിതൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഈശ്വരൻ നമ്മുടെ ബുദ്ധി പേരത്തില്ല അങ്ങനെ ഒരാളെ നമുക്ക് പരിചയമില്ല നമുക്ക് പരിചയമുള്ള അത്വജ്ഞനും മറ്റുമാണ് അതുകൊണ്ടവിടെ സ്ഥിതി പറഞ്ഞിട്ടുണ്ട് സർവജ്ഞ എന്നു സർവജ്ഞനായൊരു സർവേശ്വരൻ എന്താണ് സർവാന്തര്യമയായി സ്ഥിതി അവനും നിന്നാണ് താൻ തന്റെ ജാഗ്രതത്തിലേക്ക് വരുന്നത് ഈ പറയുന്ന സർവജ്ഞനെയും സർവശക്തനെയും നോക്ക പിടിയില്ലെങ്കിലും അതറിയുന്നു ഏതൊരു നിന്നാണോ ഈ ജാഗ്രതത്തിലേക്ക് വന്നത് ഇവിടെ ഈ സൃഷ്ടിയെ അനുഭവിക്കുന്നത് ഈ സൃഷ്ടി അഗ്രേ ഇതിനു ആ ആത്മാവാ അവിടെ ആത്മാവെന്ന് പറയുമ്പോൾ വ്യക്തമാണ് ആ സുപ്തനായ ആത്മാവ് തന്നെയായിരുന്നു ഇതൊരു പ്രക്രിയ മാത്രമാണ് എന്നുവെച്ചാൽ ഈ കാര്യത്തെ മനസ്സിലാക്കുന്നുള്ള ഒരു വഴി പ്രക്രിയകളൊന്നും സത്യമല്ല അങ്ങനെ ധരിച്ചടിയോ ഒരു വിചാരമാർഗം അങ്ങനെ സ്വീകരിക്കാം വ്യാഖ്യാനത്തിനോട് പറയുന്നത് ഇവിടെ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് ഈ കാണുന്നത് എന്ന് ഇതെന്തായിരുന്നു സൃഷ്ടിക്കു മുമ്പ് തന്റെ ആത്മ എന്നിട്ട് തന്റെ സ്വരൂപം തന്നെയായിരുന്നു അതാണ് പറയുന്നത് ഇതെല്ലാം സുഷുതിയിൽ വിലയിക്കുന്നു സുഷുതിയിൽ നിന്ന് പ്രകടമാകുന്നു എന്നൊക്കെ പറയുന്ന ആ രീതിയിലാണ് പക്ഷെ ഈ സൃഷ്ടിയിൽ ഈ ജാഗ്രതത്തിലിരിക്കുന്ന എനിക്ക് സൃഷ്ടിയുടെ രഹസ്യം മനസ്സിലാകുന്നില്ല സ്വാതന്ത്ര്യമില്ല അതുകൊണ്ട് ഈ ജീവഭാവത്തിലുള്ള താൻ ഇതിനെ സൃഷ്ടിച്ചു എന്നോടെ അർത്ഥം തന്നിൽ തന്നെ ആ പരമാത്മഭാവമുണ്ട് പക്ഷെ അത് ഉറങ്ങിക്കിടക്കുക ആ ഉറങ്ങിക്കിടക്കുന്ന പരമാത്മഭാവത്തിൽ നിന്ന് തനിക്ക് നിർവചിക്കാൻ കഴിയാത്ത തന്റെ ബുദ്ധിക്കും മനസ്സിനൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത അവിടെ നിന്ന് ആണ് ഈ സൃഷ്ടി സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് അഗ്രെ ആ സൃഷ്ടിക്കു മുമ്പ് ആത്മാ ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ അനുഭവം വെച്ച് നോക്കിയാൽ അത് ശാസ്ത്രം വെളിപ്പെടുത്തുന്ന സൃഷ്ടിയുടെ രഹസ്യം വെച്ച് നോക്കിയാലും അത് അത് മാത്രമേ ഉണ്ടായിരുന്നു മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ജഗതവ് സൃഷ്ടി പ്രകാശിവിടെ ജിജ്ഞാസുവായ അപോഹ വിചക്ഷണനായ ശിഷ്യൻ ചോദിക്കുകയാണ് സൃഷ്ടിക്കു മുമ്പ് ഏകമായ ആത്മാവ് മാത്രമായിരുന്നു സൃഷ്ടിക്ക് ശേഷം ഇപ്പോ നൈദാനി സൈവ ഇപ്പോ അവൻ മാത്രമല്ല ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ ഈ സൃഷ്ടി കൊണ്ട് അദ്വൈതത്തിന് എന്തെങ്കിലും ഹാനി സംഭവിച്ചോ എന്നാണ് ചോദിക്കുന്നത് ആത്മാ ഏകയെന്നു പറഞ്ഞാൽ അത് അദ്വൈതമായി ആത്മാവ് മാത്രം പക്ഷെ അവിടെ ഒരു സ്ത്രീ ആ ുമ്പങ്ങനെ ആയിരുന്നു ഇപ്പൊ അങ്ങനെ അല്ലെന്നാണോ അതിനർത്ഥം അല്ലെങ്കിൽ ഭൂതകാലക്കരി എന്തിന് ഉപയോഗിച്ചു അസ്ഥി ആസി ഭൂതകാലത്തെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു അതെന്തിനുപയോഗിച്ചു ഇപ്പൊ ദ്വൈത സംഭവിച്ചോ ഇല്ല എന്നാ പറയുന്നു അത് സംഭവിച്ചിട്ടില്ല പറയാൻ പറ്റുമോ ഉറങ്ങിയവനല്ല ഞാൻ എന്നാർക്കാ പറയാൻ കഴിയുന്നു ഇവിടെ നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരേ ഒരു കാര്യം അതെയോ ഉറങ്ങിയത് ഞാനല്ല അതൊരിക്കലും നിഷേധിക്കാൻ പറ്റുന്നില്ല വേണമെങ്കിൽ പറയാം ഉണർന്നിരുന്നവൻ ഞാനല്ല നമ്മൾ നിഷേധിക്കാറുണ്ട് എന്താണ് നീ അത് കണ്ടോ ഇല്ല ഞാൻ കണ്ടില്ല കേട്ടോ അത് ഞാൻ കേട്ടില്ല അത് നമുക്ക് എളുപ്പം നിഷേധിക്കാൻ പറ്റും ഞാൻ അറിഞ്ഞില്ല പക്ഷേ ഉറങ്ങിയത് ഞാനല്ലാന്ന് പറയാൻ പറ്റും ഓ സൃഷ്ടിക്കുന്നുമുണ്ടായിരുന്ന അത് അത് തന്നെയാണ് ഇവിടെ ഈ നാനാരൂപത്തിൽ പ്രകടമായിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏവ എന്ന് പറയുന്നു ബാക്കി എല്ലാത്തിനെയും നിഷേധിക്കുകയാണ് ഒന്നും മാത്രം ഒന്ന് എന്തുകൊണ്ട് പറഞ്ഞു ആയിരുന്നു എന്നുകൊണ്ട് പറഞ്ഞു ആ സീ ഭൂതകാലക്രിയ എന്തിനുപയോഗിച്ചു ഒന്ന് മാത്രമായിരുന്നു ഇതാനും യാനി സേവയേക തഥാപി അസ്ഥിവിശേഷ ശരി തന്നെയാണ് ഇവിടെ ശ്രുതിക്ക് അങ്ങനൊരു ഭൂതകാലക്രിയ ഉപയോഗിക്കേണ്ടി വന്നു വന്നെങ്കിലും ഇതാനും ഇപ്പോഴും ഈ നാനാത്വത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും സേവ ഏക നീ അവൻ തന്നെയാണ് ഉറങ്ങിയവൻ തന്നെയാണ് അല്ലെങ്കിൽ ഈ കാണുന്ന സൃഷ്ടിക്ക് പിന്നിൽ ഉണ്ടായിരുന്ന ആ സർവജ്ഞനും സർവേശ്വരനുമായ ആ പരമാത്മാവ് തന്നെയാണ് ഇതാനിയും സ ഏവ ഏക ഇപ്പോഴും അവൻ തന്നെയാണ് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല तथापिअस्थि विशेष एना प्रत्येक अदूतकाल जग्ने व्याकृत नाम അനേക ശബ്ദ പ്രത്യകോചരം ആത്മാകശബ്ദ പ്രത്യകോചരം ചെയ്ത് വിശേഷം രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട് പ്രാഗുത്പദ്ധ്യ ഹൈത ഇങ്ങനെ പ്രകടമാകുന്നതിന് മുമ്പ് എവിടെ മനസ്സിലാക്കാൻ സൗകര്യത്തിൽ പറയുകയാണ് പ്രക്രിയ ഒരു വിചാരം എന്നുള്ള നിലയ്ക്ക് പറയുകയാണ് എന്താണ് ആ സുപ്ത്യാവസ്ഥയിൽ ൃത നാമരൂപ ഭേദം അവിടെ ഈ നാമരൂപ ഭേദങ്ങളെല്ലാം അവ്യാകൃതം എന്ന് വെച്ചാൽ അപ്രകടം പ്രകടമായിട്ടില്ല അവിടെ എന്തെങ്കിലും അറിഞ്ഞോ നാമരൂപോ അറിഞ്ഞോ ഇല്ല പിന്നെ ഇത് പ്രകടമാകാതെ എന്തായി പറയുന്നു ആത്മഭൂതം അത് ആത്മസ്വരൂപം തന്നെ നേരത്തെ നമ്മൾ ചില ചെയ്ത സ്വാഭാവികത്വ ഈ കാണുന്ന സർവ്വ കോലാഹലങ്ങളും അവിടെ എന്തായിരുന്നു ആത്മഭൂതം എന്ന് വെച്ചാൽ ആത്മസ്വരൂപം തന്നെ രണ്ടാമതൊന്നെടുത്ത് കാണിക്കാനില്ല അദ്വൈതം എന്ന് പറഞ്ഞൊന്നിനെ എടുത്ത് കാണിക്കാനില്ല അസൃഷ്ടി എന്ന് പറഞ്ഞു എടുത്ത് കാണിക്കാനില്ല കാണാനില്ല കാണുന്നവനുമില്ല അതുകൊണ്ട് പറഞ്ഞു എന്താണ് ആത്മഭൂതം കേവലം സ്വസ്വരൂപമായി അതുള്ള ആത്മാവെന്ന് പറയും സ്വസ്വരൂപമായിരുന്നു അത് ഇപ്പോൾ നമുക്ക് ആത്മീയ ശബ്ദപ്പെത്യേക ഗോചരം കാരണം ഓരോരു ശബ്ദം കൊണ്ട് മാത്രമേ നമുക്ക് പറയാൻ കഴിയുന്നുള്ളൂ എന്നാലും ആത്മാ ഞാൻ ആരാ ഉറങ്ങിയത് ഞാൻ തന്നെയാണ് ആത്മശബ്ദത്തിന് ഞാനെന്നാർക്കും ഞാൻ തന്നെയായിരുന്നു കേവലമാ ഞാനെന്നുള്ള ശബ്ദം കൊണ്ട് മാത്രം പറയാൻ കഴിയുന്നത് ഉണ്ടെന്നതിനു പറയാൻ പറ്റുന്നു ഉറങ്ങിയവൻ ആരാണ് ഓരോരുത്തരെ പറയാൻ പറ്റും ഇന്നുവരെ ആരും രണ്ടാമതൊരുത്തരം പറഞ്ഞിട്ട് ഇത്രയൊക്കെ വികസിച്ചിട്ട് ഞാൻ അതാണ് ആത്മ ഏക ശബ്ദ പ്രത്യേക ഗോചരം ആത്മാവെന്ന് പറയുന്ന ഒരേ ഒരു ശബ്ദം ഒരേ ഒരു അറിവ് ആ ശബ്ദത്തിൽ നിന്ന് എന്തറിവാണ് ഉണ്ടാകുന്ന അറിവ് ആ ശബ്ദത്തിന് വിഷയമായിരിക്കുന്നു എന്ത് ഇതെല്ലാം എനിക്കെവിടെ പോയിരുന്നു ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള രോഗത്ത് ഇതെല്ലാം അവിടെ ആയിരുന്നു പക്ഷെ അവിടെ ഞാൻ മാത്രം വേറെന്തെങ്കിലും ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു ഞാൻ മാത്രം ഉണ്ടായിരുന്നു അത് ഇതാനിപ്പോൾ പറയുന്നു ചർച്ച ജാഗ്രത രൂപ അവിടെ വ്യാകൃത രൂപത്തിൽ ചർച്ച സാധ്യത ഇപ്പോഴാണ് ഈ ചോദ്യം ഇപ്പോഴാണ് ഉത്തരവുമല്ല അതുകൊണ്ട് പറയുന്നത് ഇതാനിന്ത ഇപ്പോ ഉണർന്നിരുന്ന് ഈ സംവാദം നടത്തുമ്പോൾ വ്യാകൃത ാമരൂപ ഭേദത്വ ഇവിടെ എല്ലാം പ്രകടമായി നാമരൂപ ഭേദങ്ങളെല്ലാം ഇവിടെ പ്രകടമായി ഇവിടെ രാമനും കൃഷ്ണനും കേശവനും എല്ലാം വന്നു അനേക ശബ്ദ പ്രത്യേകോചരം അനേക ശബ്ദങ്ങൾ വന്നു അനേക ജ്ഞാനങ്ങൾ വന്നു എവിടെന്നത് ആ ഏകനെന്നാണ് വന്നത് ഭാവരൂപങ്ങളെ പ്രാപിച്ചു ആത്മീക ശബ്ദപ്പെടുത്തിയോ ചില എന്താ പറയുന്നത് അതിനെ കുറിച്ച് ആരാണ് ഇങ്ങനെയൊക്കെ ആയത് ഇവിടെ എന്ത് പറയേണ്ടി വരും ഞാൻ തന്നെ ഇതൊന്നും കാണാതിരുന്നവൻ ആഗ്രഹ രൂപത്തിലിരുന്ന അവൻ തന്നെയാണ് ഇതാ ഗ്രഹണ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സർവത്തെയും ആളും മാറിയെങ്കിൽ പറയട്ടെ ആരെങ്കിലും പറയട്ടെ ആഗ്രഹണം രൂപത്തിലിരുന്നവൻ എന്ന് പറയാൻ അവനെ ഒന്നും ഗ്രഹിക്കാതിരിക്കുന്നു അവൻ ആത്മാ എന്ന് പറഞ്ഞു ഞാൻ ആരാ ഉറങ്ങിയത് എന്ന് പറയുന്നു ആത്മ ഞാൻ ഇതൊക്കെ കാണുന്നു ഇവിടെ ഒരു പ്രത്യേകത ഞാനും ഉണ്ട് മുമ്പിൽ അനേക ശബ്ദ പ്രത്യയങ്ങളും അനേക ശബ്ദങ്ങളും അനേക പ്രത്യേകങ്ങളും അവിടെ ഞാൻ മാത്രം ഞാനെന്ന് പറയുമ്പോൾ ശബ്ദത്തിന്റെ പശ്ചാർത്ഥത്തെടുക്കരുത് ഞാനെന്നുള്ള ശബ്ദം കൊണ്ട് എന്തിനാണോ ബോധിക്കേണ്ട അതിന് അത് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അത് ഇവിടെ ആത്മ ഏക ശബ്ദ പ്രത്യേകോചരം ഇത് വിശേഷ ഇവിടുത്തെ വിശേഷത അവിടെ ഞാൻ മാത്രം ഇവിടെ ഞാനും അന്യരും അത്ര അത്രയും വ്യത്യാസമുണ്ട് മറ്റു കുറച്ച് പേര് കൂടി ഇവിടെ വന്നുചേർന്നു ഇതാണ് സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥയും സൃഷ്ടിക്കു ശേഷമുള്ള അവസ്ഥയും അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം വന്നല്ല വിശേഷം ആ വിശേഷം വന്നത് കൊണ്ട് അവിടെ ആ സി ഉപയോഗിച്ചു ഭൂതകാലക്കരി ഉപയോഗിച്ചു അത് വാസ്തവത്തിൽ ഭൂതകാല ഉപയോഗിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അവിടെ കാലവും ഉണ്ടായിരുന്നില്ല ഉറക്കത്തിൽ കാലം ഉണ്ടായിരുന്നു ഉറക്കത്തിൽ കാലം ഉണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ എന്നുള്ള അനുഭവം ഉണ്ടാവും അത് ഉണ്ടാവുന്നില്ല അപ്പൊ കാലം ഇന്നലെ നാളെ എന്നുള്ള അനുഭവം ഇല്ലെങ്കിലും ജാഗ്രത്തിൽ കാലത്തെ അപേക്ഷിച്ച് അത് അത് ഭാവിനും വരാ അത് ജാഗ്രത്തിലെ കാലത്തിന്റെ അപേക്ഷിക്കുകയാണ് അവിടെ കാലം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ആസീസ് എന്ന് പറയുന്ന ഒരു ഭൂതകാലക്രിയ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ മാത്സവത്തിൽ അവൻ തന്നെയാണ് യുവൻ പറയുന്നത് ആത്മാവാദം ആസീസ് അതുകൊണ്ട് ഇതം ഈ കാണുന്ന സർവവും ഈ ജഗത്തും അതുതന്നെയാണോ തന്നെയാണ് ഇവിടെ അനേക ശബ്ദ പ്രത്യയരൂപത്തിൽ പ്രകടമാകുന്നത് അത് തന്നെയാണ് താൻ അത് തന്നെയായിരുന്നു ഇതെല്ലാം പ്രകടമാകുന്നതിന് മുമ്പുമുണ്ടായിരുന്നത് എന്നിങ്ങനെ തുടക്കത്തിൽ ആത്മാവാദം അഗ്ര ആസി എന്നുള്ള ഭാവം കൊണ്ട് ആത്മ ഏകത്വത്തെയും ആത്മാവിന്റെ അദ്വയസ്വരൂപത്തെയും ഇവിടെ ശ്രുതി വെളിപ്പെടുത്തുന്നു